അധ്യായം പതിനാല് കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങൾ ആവിത് പുരോഹിതനായ എലയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്ര പിതാക്കന്മാരിൽ ഇവ അവർക്ക് വിഭാഗിച്ച് കൊടുത്തു യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഒൻപതര ഗോത്രങ്ങൾക്കും ചീറ്റിട്ടായിരുന്നു അവകാശം ഭാഗിച്ചു കൊടുത്തത് രണ്ടര ഗോത്രങ്ങൾക്ക് മോശ യോർദാനക്കരെ അവകാശം കൊടുത്തിരുന്നു ലേവ്യർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുത്തില്ല യോസെഫിന്റെ മക്കൾ മനശെ യഫ്രൈം എന്ന് രണ്ടു ഗോത്രം ആയിരുന്നു ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളുമല്ലാതെ ദേശത്തിൽ ഓഹരിയൊന്നും കൊടുത്തില്ല യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ച് ദേശം വിഭാഗിച്ചു അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു കെനിസ്യനായ യഹൂന്നയുടെ മകൻ കാലേ അവനോട് പറഞ്ഞത് യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാതേശ്വർണയയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ യഹോവയുടെ ദാസനായ മോശ കാതേശ്വർണയയിൽ നിന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സായിരുന്നു ഞാൻ വന്ന് എന്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി ഞാനോ എന്റെ ദൈവമായ ഹോവിയോട് പൂർണമായി പറ്റി നിന്നു നീ എന്റെ ദൈവമായ ഹോവിയോട് പൂർണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചതു മുതൽ ഈ നാൽപ്പത്തഞ്ച് സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു ഇപ്പോൾ എനിക്ക് എൺപത്തഞ്ച് വയസ്സായി മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്കാരോഗ്യം ഉണ്ട് പട വിട്ടുവാനും പോകുകയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെപ്പോലെ തന്നെ ഇന്നുമിരിക്കുന്നു ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക അനാക്കീർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു ഹെബ്രോൻ മല യഹൂന്നയുടെ മകനായ കാലബിന് അവകാശമായി കൊടുത്തു അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെന്നിസ്യനായ യഫൂന്നയുടെ മകൻ കാലബിന് അവകാശമായിരിക്കുന്നു അവൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ പൂർണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ ഹെബ്രോന് പണ്ട് കിരിയത് അർബ എന്നു പേരായിരുന്നു അർബ എന്നവൻ അനാക്യറിൽ വച്ച് അതിമഹാൻ ആയിരുന്നു അങ്ങനെ യുദ്ധം തീർന്നു ദേശത്തിന് സ്വസ്ഥത